െ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ വെള്ളിയാഴ്ച വീണ്ടും ദൈവസന്നിധിയിൽ ദൈവോജനം പഠിക്കാനായിട്ട് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചല്ലോ നമ്മളാ പത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം വരെ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു ഇരുപത്തിമൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തിമൂന്നാമത്തെ അധ്യായം മുഴുവൻ ഏറെക്കുറെ കർത്താവായ യേശു ക്രിസ്തു അന്നത്തെ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരെയും പരീശന്മാരെയും അവരെ ശാസിക്കുന്നതും അവരുടെ പ്രവൃത്തികളിലേക്ക് വിരൽ ചൂണ്ടുന്നതുമായ പല കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അവരെക്കുറിച്ച് കർത്താവ് ഇവിടെ ഏഴു ഭാഗത്ത് കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരേ നിങ്ങൾക്ക് ആ കഷ്ടം എന്ന് പറഞ്ഞ് നമ്മളെ കാണുന്നുണ്ട് ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൻ്റെ വാക്യത്തിൽ രണ്ടു വട്ടം അങ്ങനെ പറയുന്നു പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു 23, 25, 27, 29 ഇരുപത്തിയൊൻപത് എന്നീ വാക്യങ്ങളിലും ഇതേ വാക്കുകൾ ആവർത്തിക്കുന്നുണ്ട് എന്താണ് കർത്താവായ യേശു ഈ ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും ഇത്രത്തോളം സംസാരിക്കാൻ കാരണം യഹൂദന്മാരിലെ തന്നെ വേദ തിരുവചനങ്ങളൊക്കെ വളരെ പഠിക്കുന്ന ആളുകളാണ് ശാസ്ത്രിമാർ പരീശന്മാരാണെങ്കിൽ തങ്ങളെ വളരെ വള്ളികുള്ളി വിടാതെ അതെല്ലാം ആചരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകൾ അങ്ങനെ പഴയ നിയമത്തിലെ കാര്യങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഈ ശാസ്ത്രിമാരെയും പരീഷന്മാരെയും കർത്താവായ യേശു ഇത്രയേറെ ശാസിച്ച് പറയാനെന്താണ് കാരണം അതിൻ്റെ കാരണം നമ്മൾ ആ മുഴുവൻ വായിച്ചു നോക്കിയാൽ അറിയാം അവരുടെ അവർ ചെയ്യുന്ന പല നല്ല കാര്യങ്ങളുണ്ട് തിരുവചനവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പല നല്ല കാര്യങ്ങൾ പക്ഷേ അതൊക്കെ മനുഷ്യരുടെ മുമ്പാകെ വിളങ്ങേണ്ടതിനാണ് ദൈവത്തോട് അവർക്ക് നേരിട്ടൊരു ബന്ധമില്ല മറിച്ച് അവർ ചെയ്യുന്ന മതപരമായ അവരുടെ ചടങ്ങുകളും അവർ കാണിക്കുന്ന ഭക്തികളുമൊക്കെ മനുഷ്യരിൽ നിന്ന് തങ്ങൾക്കൊരു ബഹുമാനം കിട്ടാൻ വേണ്ടി അവരതിനെ നമ്മൾ വായിച്ച് നോക്കിയാൽ വളരെ പരിഹാസ്യമായ വിധം അതിനെ അങ്ങ് എക്സ്റ്റൻഡ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് ഉദാഹരണത്തിന് ഇവിടെ ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ഇതാ അഞ്ചാമത്തെ വാക്യം നോക്കുക അവിടെ ശാസ്ത്രിമാരെക്കുറിച്ചും പരീക്ഷന്മാരെക്കുറിച്ചും കർത്താവ് പറയുക അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിന് അത്ര എന്നിട്ട് അവർ ചെയ്യുന്ന ഒരു രീതി പറയുന്നു തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു എന്താ ഈ മന്ത്രപ്പെട്ട വീതിയാക്കുക എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ ഈ വചനങ്ങളെല്ലാം ദൈവം കൊടുത്ത പഴയ നിയമത്തിൽ കൊടുത്ത ന്യായ പ്രമാണത്തിൻ്റെ ആചരിക്കാനും അതിനെ ഇപ്പോഴും ഓർക്കാനും അതിനെ തങ്ങള് പ്രധാനപ്പെട്ടതായിട്ട് സ്വീകരിക്കുന്നു എന്നുള്ളത് അടയാളപ്പെടുത്താനുമൊക്കെയായിട്ട് ദൈവം അവർക്ക് പറ അവരോട് പറഞ്ഞിരുന്നു നിങ്ങൾ ഇതൊക്കെയും നിങ്ങളുടെ കൈമേൽ ഒരടയാളമായിട്ട് കെട്ടണം അവ നിൻ്റെ കണ്ണുകളുടെ മധ്യേ ഒരു പട്ടമായി ഇരിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ ഒരു ചെറിയ ചുരുളോ ഇന്നും ചിലർ കാണാതല്ലേ കയ്യിലൊക്കെ ചില കറുത്ത ചരടുകളൊക്കെ കിട്ടിക്കൊണ്ട് നടക്കുന്നത് അതവർ അവർക്ക് അവർ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളോടുള്ള ആ നിലയിലുള്ള അവരുടെ കമ്മിറ്റ്മെൻറ്റിനെ കാണിക്കാനായിട്ട് അതിൻ്റെ ഒരു അടയാളമെന്നുള്ള നിലയിലാണ് അവർ കയ്യിൽ ചരണ് കിട്ടുന്നത് എന്ന് പറഞ്ഞതുപോലെ പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം ആറാമത്തെ ആയ അതിൻ്റെ എട്ടാമത്തെ വാക്യം നോക്കുക ഈ വചനങ്ങളെല്ലാം ആചരിക്കുന്നു എന്നതിൻ്റെ പ്രതീകമായിട്ട് നിങ്ങൾ വേണമെങ്കിൽ എന്തു ചെയ്യുക അതിൻ്റെ അടയാളമായിട്ട് നിങ്ങൾ ഈ വചനങ്ങളെല്ലാം പ്രധാനപ്പെട്ടതായിട്ട് കണക്കാക്കുന്നു ഇതെല്ലാം ആചരിക്കുന്നു എന്നത് സൂചിപ്പിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ കൈമേലവ കെട്ടണം അവ അതിൻ്റെ ഒരു ചെറിയ ചുരുൾ നിങ്ങൾ അത് ഒരു ഇതിൽ അടക്കം ചെയ്ത് നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ നെറ്റിയിൽ ആ നിലയിൽ കെട്ടിവെക്കുന്നതും അങ്ങനെ വേണം എന്ന ആവർത്തന പുസ്തകം ആറാമത്തെ എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു ആവർത്തന പുസ്തകം പതിനൊന്നിൻ്റെ പത്തിലും നോക്കുക എൻ്റെ ഈ വചനങ്ങളെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായി ഇരിക്കുകയും വേണം അപ്പോൾ ഈ നെറ്റിയിൽ ഇങ്ങനെ കിട്ടുന്ന ആ മന്ത്രപ്പെട്ട അതെന്താ അതെന്തിനു വേണ്ടി അധ്യമങ്ങനെ പറഞ്ഞത് തങ്ങൾ ദൈവോചനം അനുസരിക്കും എന്നുള്ളതിൻ്റെ തങ്ങളെ തന്നെ ഓർപ്പിക്കാനും തങ്ങളെ തന്നെ ആ കാര്യത്തോട് കമ്മിറ്റഡ് ആക്കി നിർത്താനും വേണ്ടി അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു മന്ത്രപ്പെട്ടയായിട്ട് നെറ്റിയിൽ കെട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു കാര്യം കൈമേൽ കിട്ടുന്നുണ്ട് നെറ്റിയിലും കിട്ടുക പക്ഷേ ഇവിടെ എന്താ കർത്താവ് പറയുന്നത് ഇരുപത്തി മൂന്നിൻ്റെ അഞ്ചിൽ എന്താ പറയുന്നത് ഈ ശാസ്ത്രിമാരും പരീശന്മാരും തങ്ങളുടെ നെറ്റിയിൽ ഒരു അടയാളം പോലെ ചെറുതായിട്ട് കെട്ടേണ്ട ഈ മന്ത്രപ്പെട്ട എന്തു ചെയ്യുന്നു അതിനെ വളരെ വീതിയാക്കി ആരെവിടെ വെച്ച് കണ്ടാലും ഇവർ ഈ ദൈവവചനമൊക്കെ പാലിക്കുന്നവരാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇവരുടെ നെറ്റിയിലെ ഈ കെട്ട ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇവരത് ഈ മന്ത്രപ്പെട്ട വീതിയാക്കുന്നു വീതിയാക്കുന്നു അപ്പോൾ അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പാകെ തങ്ങൾക്കൊരു ബഹുമാനം കിട്ടണം എന്താണ് ആ ബഹുമാനം തങ്ങള് ഈ വചനമെല്ലാം വള്ളി പുള്ളി വിടാതെ ആചരിക്കുന്നവരാണ് വളരെ മതഭക്തരാണ് എന്ന് തങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒരു അംഗീകാരവും ബഹുമാനവും കിട്ടാൻ വേണ്ടി ഈ ശാസ്ത്രിമാരും പരീക്ഷന്മാരും ഈ മന്ത്രപ്പെട്ട വീതിയാക്കി കർത്താവ് പറഞ്ഞ ചെറിയ തോതിൽ കാര്യം ചെയ്യാനാണ് പക്ഷേ അത് വീതിയാക്കി അതിനെ ഒറ്റ തന്നെ മനസ്സിലാകത്തൊക്കെ ഉണ്ടോ അങ്ങനെയാണ് അവർ കെട്ടിക്കൊണ്ട് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള മനോഭാവം എന്താ ദൈവത്തോടുള്ള അനുസരണത്തെക്കാൾ ആളുകൾ കാണേണ്ടതിനായിട്ടാണ് അവരത് ചെയ്യുന്നത് അവിടെ അത് അഞ്ചാം വാക്യത്തിൽ അങ്ങനെയാണ് പറയുന്നത് രണ്ടാമത് വേറൊരു കാര്യം പറയുന്നു അവർ തൊങ്ങൽ വലുതാക്കുന്നു എന്താ ഈ തൊങ്ങൽ സംഖ്യാപുസ്തകം പതിനഞ്ചാം അധ്യായം മുപ്പത്തെട്ട് മുപ്പത്തൊൻപത് വാക്യങ്ങൾ നോക്കുമ്പോൾ സംഖ്യ പതിനഞ്ച് മുപ്പത്തെട്ട് മുപ്പത്തൊൻപത് അവിടെയും ദൈവം അവരോട് പറയുന്നുണ്ട് യഹൂദന്മാർക്ക് പറയുന്നുണ്ട് അവർ തലമുറ തലമുറയായി വസ്ത്രത്തിൻ്റെ കോൺ തലയ്ക്ക് ഒരു പൊടിപ്പുണ്ടാക്കുകയും കോൺ തലയ്ക്കിലെ പൊടിപ്പിൽ ഒരു നീലച്ചരട് കെട്ടുകയും വേണം കണ്ടോ അവരെ അവരുടെ കൈമേലും നെറ്റിമേലും കിട്ടുന്നത് മാത്രമല്ലാതെ അവരുടെ വസ്ത്രത്തിൻ്റെ കോണില് ഒരു തൊങ്ങലുണ്ടാക്കണം ആ തൊങ്ങലിൽ ഒരു നീലച്ചരട് കെട്ടണം ഇതെന്തിനു വേണ്ടിയാ സംഖ്യാപുസ്തകം പതിനഞ്ചിൻ്റെ മുപ്പത്തെട്ട മുപ്പത്തി ഒൻപത് പറയുന്നു യഹോയുടെ സകല ഓർത്തനുസരിക്കാൻ വേണ്ടിയ് സകല കൽപ്പനകളും ഓർത്തനുസരിക്കുക അതുപോലെ തന്നെ സ്വന്തം ഹൃദയത്തിനും സ്വന്തം കണ്ണിനും തോന്നിയവണ്ണം പരസംഗമായി നടക്കാതിരിക്കേണ്ടതിനും ആ പൊടിപ്പ് ഒരു ജ്ഞാപകം അല്ലെങ്കിൽ ഒരു അടയാളമായിരിക്കണം ഇങ്ങനെയാണ് ദൈവം അവരോട് പറയുന്നത് സംഖ്യ പതിനഞ്ച് മുപ്പത്തെട്ട് മുപ്പത്തൊൻപത് കണ്ടോ ഒപ്പം ഈ ഇവിടെ ഇരുപത്തി മൂന്നാമത്തെ അധ്യായം അത്തായി ഇരുപത്തിമൂന്നിൻ്റെ അഞ്ചിൽ മന്ത്രപ്പെട്ടയെക്കുറിച്ച് നമ്മൾ കണ്ടു അതുപോലെ തൊങ്ങൽ വലുതാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരവിടെ അവരുടെ വസ്ത്രത്തിൻ്റെ ആ നിലയിൽ ഒരു കോൺ തലയ്ക്കൽ ഒരു ചെറിയ ഒരു തൊങ്ങലുണ്ടാക്കിയും അതേ നീലച്ചരട് വേണം അതെന്തിനു വേണ്ടിയാ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല അവിടെ കർത്താവ് പറയുന്നത് ദൈവം പറയുന്നത് ഞങ്ങൾ കൽപ്പനകളെല്ലാം ഓർത്തനുസരിക്കണം എന്നുള്ളത് അവരെ ഓർപ്പിക്കാൻ വേണ്ടിയാണ് ആ ചെറിയ തൊങ്ങൽ അതിലെ നീലച്ചരട് കെട്ടേണ്ടത് അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്വന്തം ഹൃദയത്തിനും സ്വന്തം കണ്ണിനും തോന്നിയവണ്ണം പരസംഗമായി നടക്കാതിരിക്കേണ്ടതിന് അതൊരടയാളമായിട്ട് അവർക്ക് എപ്പോഴും ഓർക്കാൻ വേണ്ടിയാണ് അങ്ങനെ തൊങ്ങൽ കെട്ടാൻ വേണ്ടി പറഞ്ഞത് പക്ഷേ ഇവരെന്താ ചെയ്തേക്കുന്നത് ഈ മത്തായി ഇരുപത്തി മൂന്ന് കർത്താവ് പറയുന്നു നിങ്ങളെന്തു ചെയ്തിരിക്കുന്നു നിങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു തൊങ്ങൽ വലുതാക്കുന്നു കണ്ടോ അപ്പോൾ അവരുടെ ആ വസ്ത്രത്തിലെ തൊങ്ങലും ആ നീലച്ചരടും ഒറ്റ നോട്ടത്തിൽ തന്നെ ആളുകൾക്ക് കാണത്തക്കോണോ അവർ വലുതാക്കി എത്രയും വലുതാക്കാമോ അത്രയും വലുതാക്കിയൊക്കെ കൊണ്ടു നടക്കുക അപ്പോൾ ഈ വസ്ത്രത്തിലെ പ്രത്യേകത കാണുമ്പോൾ ആളുകൾ നോക്കുമ്പോൾ അയ്യോ അതൊരു ശാസ്ത്രീയ അതൊരു പരീക്ഷന കണ്ടോ അദ്ദേഹം എത്ര ഭക്തനാണെന്ന് നോക്കുക അദ്ദേഹത്തിൻ്റെ തൊങ്ങൽ കണ്ടോ അദ്ദേഹത്തിൻ്റെ മന്ത്രപ്പെട്ടയുടെ വീതി കണ്ടോ പ്രിയപ്പെട്ടവരെ കണ്ടോ ഇതെല്ലാം മനുഷ്യർ കാണേണ്ടതിനാണ് ചെയ്യുന്നത് ഈ ഈ ഭാഗങ്ങൾ കർത്താവ് ശാസ്ത്രിമാരെയും പരീക്ഷന്മാരെയും ശാസിച്ച് പറയുമ്പോൾ തന്നെ നമ്മളിതിൽ നിന്നെടുക്കേണ്ട പാഠമെന്താ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഉപവാസം എടുക്കുന്നുണ്ട് മീറ്റിങ്ങുകൾ പോകുന്നുണ്ട് അല്ലെങ്കിൽ ദൈവകല്പന പക്ഷേ അതൊക്കെയും മനുഷ്യരുടെ മുമ്പാകെ വിളങ്ങാനായിട്ട് ചെയ്താൽ നമ്മളും ഈ ശാസ്ത്രിമാരെയും പരീശന്മാരെയും പോലെ ആയിപ്പോകും അത് നമുക്ക് സംഭവിക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പായിട്ട് വേണം നമ്മൾ ഈ കാര്യം എടുക്കാൻ കണ്ടോ ഇവരെ ശാസ്ത്രിമാരും പരീശന്മാരും അവർ തുടക്കത്തിൽ നല്ല രീതിയായിരിക്കും ദൈവോചനത്തിൽ പറഞ്ഞ ആവർത്തന പുസ്തകം ആറിൻ്റെ എട്ടിലും പതിനൊന്നിൻ്റെ പത്തിലും സംഖ്യ പതിനഞ്ചിൻ്റെ മുപ്പത്തെട്ട് മുപ്പത്തി ഒൻപതിലും പറഞ്ഞതുപോലെ അവർ ചെയ്യാൻ തുടങ്ങിയതാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു അതെല്ലാം മനുഷ്യരുടെ മുമ്പാകെ വിളങ്ങേണ്ടതിന് ചെയ്യുന്നു ഫലത്തിൽ ദൈവം അവരെ ശാസിക്കുന്നതാണ് നമ്മളെ കാണുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്കും ഇതിൽ നിന്നെടുക്കാവുന്ന പാഠം നമ്മൾ ആത്മീയമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ അത് ദൈവമുമ്പാകെ ആയിരിക്കണം മനുഷ്യരിൽ നിന്നൊരു മാനം കിട്ടാനായിട്ട് ചെയ്യരുത് ചെയ്താൽ അന്ന് പരീശന്മാരെയും ശാസ്ത്രിമാരെയും കർത്താവ് ശാസിച്ചതുപോലെ കർത്താവ് നമ്മളോടും ആ നിലയിൽ ശാസനയായിട്ട് കാര്യങ്ങൾ പറഞ്ഞെന്നിരിക്കും അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആത്മീയത ദൈവമുമ്പാകെയുള്ള ജീവിതമായി കൊണ്ടു നടക്കാം ആമേ മത്തായി എഴുതി ദിവസവിശേഷം ഇരുപത്തി മൂന്നാം നമ്മൾ ആ അധ്യായം വായിച്ചു വരുമ്പോൾ കർത്താവ് ഈ ശാസ്ത്രന്മാർക്കും പരീശന്മാർക്കും എതിരെയും പിന്നെയും പല കാര്യങ്ങളും പറയുന്നുണ്ട് എങ്കിലും നമുക്ക് വളരെ വേഗത്തിൽ ഒരൊറ്റ കാര്യം കൂടെ നോക്കി ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് പോകാം അതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം മുപ്പത്തി വാക്യം മത്തായി ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തിയഞ്ച് അവിടെ കർത്താവ് പറയുന്നു നീതിമാനായ ഹാബേലിൻ്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിന് യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായ സക്കരിയാവിൻ്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു കണ്ടോ നമ്മൾ നേരത്തെ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ അധ്യായം നമ്മൾ ചിന്തിച്ചപ്പോൾ അവിടെ കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട് ആ ഉപമ എന്താ ഒരാ ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ കുടിയാന്മാരെ ആ മുന്തിരിത്തോട്ടം പക്ഷേ കുടിയാന്മാര് ഫലം കൊടുക്കാതെ വന്നപ്പോൾ അദ്ദേഹം തൻ്റെ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ തൻ്റെ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ കുടിയാന്മാർ എന്ത് ചെയ്തു കുടിയാന്മാരോ അവൻ്റെ ദാസന്മാരെ പിടിച്ച് ഒരുവനെ തല്ലി ഒരുവനെ കൊന്നു മറ്റൊരുവനെ കല്ലെറിഞ്ഞു മുപ്പത്തിയഞ്ചാമത്തെ വാക്യം ഇരുപത്തൊന്നിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിലാണ് നമ്മൾ അങ്ങനെ കാണുന്നത് അന്ന് നമ്മളാ ഭാഗം പറഞ്ഞപ്പോൾ നമ്മളെന്താ പറഞ്ഞത് പഴയനിമ ഇസ്രായേലിൻ്റെ അടുത്ത് ദൈവം പല കാലങ്ങളിൽ പല പ്രവാചകന്മാരെ അയച്ചു നിങ്ങളെ വിളിച്ച വിളിക്ക ഒക്ക ഒത്തവണ്ണം ഫലം കൊടുക്കുന്ന ജനതയായിട്ട് നിങ്ങൾ നിൽക്കണം എന്നുള്ളത് അവരെ ഓർപ്പിക്കാൻ വേണ്ടി ഈ കുടിയാന്മാരുടെ അടുത്ത് ദാസന്മാരെ അയച്ച് അത് ഒരു പ്രതീകമായിട്ട് നമ്മൾ കണ്ടാൽ ഇസ്രായേലിൻ്റെ അടുത്ത് പല കാലങ്ങളിൽ പ്രവാചകന്മാരെ അയച്ചു ആ പ്രവാചകന്മാരെയൊക്കെ അവരെ എന്താ അത് കേട്ടോ ഇല്ല അവരിൽ ഒരാളെ തല്ലി ഒരാളെ കൊന്നു മറ്റൊരു കല്ലെറിഞ്ഞു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത് അങ്ങനെ അവിടെ കർത്താവ് പറഞ്ഞത് ഇവിടെ ഇതാ ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ കാര്യം പ്രത്യേകിച്ച് ഒരാളുടെ കാര്യം എടുത്തു പറയുന്നു ഒന്നല്ല രൺ മുതൽ സെക്കരിയാവ് വരെ കർത്താവിൻ്റെ വരവിന് തൊട്ട് ഒന്നാമത്തെ വരവിന് ഭൂമിയിലുള്ള ഒന്നാമത്തെ വരവിന് നാനൂറ് വർഷം മുമ്പ് ഉള്ള ചില പ്രവാചകന്മാർ വരെയുള്ള അവരെ നോക്കിയിട്ട് ഹാബേല് മുതൽ അവിടെ വരെ സക്കരിയാവ് പലരെയും നിങ്ങൾ കൊന്നുകളഞ്ഞു എന്നാണ് കർത്താവ് അവിടെ പറയുന്നത് ഇത് ആരെക്കുറിച്ചൊക്കെയാണ് ഹാബേലിനെ നമുക്കറിയാം ഹാബേലെ നീതിമാനായ ഹാബേലിനെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞതുപോലെ അവിടെ മുതൽ തന്നെ ദൈവം അയച്ചിട്ടുള്ള മനുഷ്യനെ ദൈവത്തിലേക്കടുക്കാനായിട്ട് അവനെ പ്രേരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ പലരെയും ഇസ്രായേൽ മക്കൾ തന്നെ കൊന്നുകളഞ്ഞു ഇവിടെ ഈ പറയുന്നത് ആരാണ് എന്ന് മാത്രം വളരെ വേഗത്തിലൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് നീതിമാനായ ഹാബേലിൻ്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിന് യാഗവീഠത്തിന് നടുവിൽ വെച്ച് കൊന്നവനായ ബരഖ്യാവിൻ്റെ മകനായ സക്കരിയാവ് അപ്പോൾ ഈ സക്കരിയാവ് ആരാണ് നമ്മൾ പഴയ നിയമത്തിൽ ഒടുവിൽ കാണുന്ന സക്കരിയാവ് പ്രവചനം എഴുതിയ സക്കരിയാവാണ് ഇതെന്നാണ് വേദപണ്ഡിതന്മാർ പലരും പറയുന്നത് കാരണം അവിടെ സക്കരിയാവിൻ്റെ പുസ്തകം പഴയ നിയമത്തിലെ സക്കരിയാവിൻ്റെ പുസ്തകം ഒന്നാമധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ സക്കരിയാവിനെക്കുറിച്ച് പറയുന്നത് ബരഖ്യാവിൻ്റെ മകനായ സക്കരിയാവ് എന്നാണ് അവിടെ സക്കരിയാവിനെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ട് ആ സക്കരിയാവ് ആണെന്നാണ് ചില വേദപണ്ഡിതന്മാർ പറയുന്നത് പക്ഷേ ആ സക്കരിയാവ് കൊല്ലപ്പെട്ടതാണോ അതിൻ്റെ വിശദാംശങ്ങളൊന്നും നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് കിട്ടുന്നില്ല പക്ഷേ എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നു ഈ സക്കരിയാവിൻ്റെ രക്തം എന്തു അവരെ ദേവാലയത്തിൽ യാഗപീഠത്തിനും മന്ദിരത്തിനും നടുവിൽ വെച്ച് അതായത് പ്രാകാരം ആ ഭാഗത്ത് വച്ച് ഇവനെ കൊന്നുകളഞ്ഞു ഈ സക്കരിയാവിനെ കൊന്നുകളഞ്ഞു എന്നാണ് കർത്താവൂടെ പറയുന്നത് എന്നാൽ മറ്റു ചിലർ പറയുന്നത് മറ്റു ചില വേദപണ്ഡിതന്മാർ പറയുന്നത് രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിനാലിൻ്റെ ഇരുപത്തൊന്ന് മുതലേ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന യഹോയാത പുരോഹിതൻ്റെ മകനായ സക്കരിയാവിനെ കുറിച്ചും ആയിരിക്കാം എന്ന് ചിലർ പറയുന്നുണ്ട് ആ ഭാഗമെന്താ വളരെ വേഗത്തിൽ ഞാനിങ്ങനെ പറയാം യനിശിലയെ കേന്ദ്രമാക്കി യോവാശ് എന്ന് പറഞ്ഞൊരു രാജാവ് ഭരിച്ചിരുന്നു യോവാശ് ആ യോവാശ് ഏഴു വയസ്സുള്ളപ്പം അവനെ രാജാവാക്കിയതാണ് ഏഴു വയസ്സുള്ളപ്പം പക്ഷെ ഏഴു വയസ്സുള്ള ആ കുട്ടിയെ അവൻ്റെ ഒരു രക്ഷാകർത്താവിനെ പോലെ നിന്നത് അന്നത്തെ ദൈവ ദൈവത്തിൻ്റെ പുരോഹിതനായ യഹോയാതയായിരുന്നു യഹോയാദ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്ന ഒരു പുരോഹിതനായിരുന്നു അദ്ദേഹം ഈ യോവാശിൻ്റെ ഒരു ലോക്കൽ ഗാർഡിയനെ പോലെ അവനെ വർഷങ്ങൾ കൊണ്ടു നടന്നു ഒടുവിൽ ഈ യഹോയാദ പുരോഹിതൻ മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പം യോവാശ് എന്ത് ചെയ്തു വളരെ പ്രായമായി യോവാശും ഈ യഹോയാത ഏഴാം വയസ്സിൽ അവിടെ രാജാവായിട്ട് തുടങ്ങിയവൻ യഹോയാദ പുരോഹിതൻ മരിച്ചു കഴിഞ്ഞപ്പോൾ സ്വന്തം കാലേ നിൽക്കാൻ തുടങ്ങിയപ്പോൾ താന് പ്രായപൂർത്തിയായി വിവാഹം കഴിഞ്ഞു പല കാര്യങ്ങൾ രാജാവായിട്ട് അങ്ങനെ വാണരുളുകയാണ് അപ്പോഴ് അന്ന് ഈ രാജാവിൻ്റെ പല സ്നേഹിതരവനെ മറ്റന്യ ദൈവങ്ങളെ അശ്വരാ പ്രതിഷ്ഠകളെയും ഒക്കെ സേവിക്കാനായിട്ട് വശീകരിച്ചു അങ്ങനെ വശീകരിച്ചപ്പോൾ ഈ യഹോയാദ പുരോഹിതൻ്റെ മകനായ സെക്കരിയാവ് എന്തു ചെയ്തു ഇതിനെതിരെ യോവാശിനെതിരെ ഈ ഇസ്രായേൽ മക്കളുടെ തെറ്റായ ഈ പ്രവണതയ്ക്കെതിരെ പ്രവചിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുന്നു ഉടനെ രാജാവ് എന്തോ ചെയ്തു രാജാവ് ഈ സെക്കരിയാവിൻ്റെ പിതാവ് തനിക്ക് ഒത്തിരി ഗുണങ്ങൾ ചെയ്തെങ്കിലും അതൊക്കെ മറന്നിട്ട് അവന് എന്തു ചെയ്തു അവനെ ആ പ്രാകാരത്തിൻ്റെ അവിടെ വെച്ച് കല്ലെറിഞ്ഞ് കൊല്ലുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ട ദേവാലയത്തിനും അവിടെ വെച്ച് പ്രാകാരത്തിൽ വെച്ച് കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ട ഒരു സക്കരിയാവെക്കുറിച്ച് രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിനാലിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആ സക്കരിയാവ് ആയിരിക്കാം മറ്റു ചിലർ പറയുന്നു പക്ഷേ അവിടെ പിതാവിൻ്റെ പേര് ചേർന്ന് വരുന്നില്ല ഇഹോയാദ എന്നാണ് അതേസമയം നമ്മൾ സക്കരിയാവിൻ്റെ പുസ്തകം ഒന്നിൻ്റെ ഒന്നിൽ വായിക്കുന്ന സക്കരിയാവിൻ്റെ പിതാവിൻ്റെ പേര് ബെരഖ്യാവെന്ന് തന്നെയാണ് അതുകൊണ്ട് ഇത് ആ സക്കരിയാവാണെന്ന് കരുതുന്നവരുണ്ട് ഏതായാലും ഇതിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട ഒരു പാഠം അന്നത്തെ അന്നത്തെ പഴയ നിയമ ഇസ്രായേലൊക്കെയും അവരൊക്കെയും തങ്ങളുടേതായ ബോധിച്ച വഴികളിൽ നടന്നു ദൈവം അവരുടെ അടുത്ത പ്രവാചകന്മാരെ അവർ ശ്രദ്ധിച്ചില്ല അവരിൽ ചിലരെ കല്ലെറിഞ്ഞു ചിലരെ തല്ലി ചിലരെ കൊന്നുകളഞ്ഞു എന്ന് മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തൊന്ന് മുപ്പത്തഞ്ചിൽ പറഞ്ഞ ആ ഭാഗം ഒരാളുടെ കാര്യം പ്രത്യേകം എടുത്ത് കർത്താവ് ഇവിടെ പറയുകയാണ് പ്രിയപ്പെട്ടവർ ഇത് തന്നെ പുതിയ നിയമ കാലഘട്ടത്തിൽ നടന്നു നമ്മൾ സ്തേഫാനോസിനെക്കുറിച്ച് വായിക്കുന്നു സ്തേഫാനോസിനെ കല്ലെറിഞ്ഞാണ് കൊന്നത് സ്തേഫാനോസ് അപ്പോ സ്ത്രപ്രവൃത്തി ഏഴിൻ്റെ അൻപത്തിരണ്ടിൽ തൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുണ്ട് എന്ന് കർത്താവ് ഇവിടെ ചോദിച്ചതുപോലെ തന്നെ സ്തേഫാനോസ് ചോദിക്കുന്നുണ്ട് തൻ്റെ പ്രസംഗത്തിൽ തുടർന്ന് അവരെന്ത് ചെയ്തു ഏഴിൻ്റെ അപ്പോസ്തലപ്പുറത്ത് ഏഴിൻ്റെ അൻപത്തിയെട്ടിൽ സ്തേഫാനോസിനെ നഗരത്തിന് പുറത്ത് കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു എന്ന് കാണുന്നു കണ്ടോ അപ്പം നമ്മളും ദൈവവചനത്തിന് വേണ്ടി ഒരു നിലപാടെടുത്താൽ നമ്മളും പീഡിപ്പിക്കപ്പെടും പഴയ നിയമകാലത്തെ ഘട്ടത്തിലായാലും ഈ കാലഘട്ടത്തിലായാലും എങ്കിലും നമുക്ക് സക്കരിയാവിനെ പോലെ ദൈവവചനത്തിന് വേണ്ടി യഹോയാഥാ പുരോഹിതനെ പോലെ ദൈവവചനത്തിന് വേണ്ടി നമുക്ക് നിലയുറപ്പിക്കാം അതിനുവേണ്ടി ഏതെങ്കിലും നിലയിൽ നമ്മൾ നിലയുറപ്പിക്കുമ്പോൾ പലതരത്തിലുള്ള പീഡനങ്ങൾ വരാം പക്ഷേ ആ പീഡനങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ട എന്നൊരു സന്ദേശം നമുക്ക് ഇവിടെ നിന്നെടുക്കാം പ്രിയപ്പെട്ട ഒരു ഇരുപത്തിനാലാം അധ്യായം മത്തായി ഇരുപത്തിനാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ അവിടെ പറയുന്നത് അവിടെ നമ്മൾ ബൈബിളിലൂടെ എന്ന് നമ്മൾ പ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ പുസ്തകത്തിലെ ബ്രദറ് പറയുന്നത് അവിടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ പലരും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് മഹോപദ്രവത്തിന് മുമ്പ് നടക്കും നമ്മൾ അല്ലെങ്കിൽ വിശ്വാസികൾ ഉപദ്രവത്തിലൂടെ കടന്നു പോവുകയില്ല എന്ന് പറയുന്നു എന്ന അങ്ങനെയല്ല എന്ന് ഈ ഭാഗം പറഞ്ഞിട്ട് ബ്രദർ അവിടെ വിശദീകരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഇരുപത്തിനാലിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യം നോക്കുക ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിയൊ ഇരുപത്തിയൊൻപത് ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ അപ്പം കഷ്ടം കഴിഞ്ഞ ശേഷമാണ് മുപ്പതാമത്തെ വാക്യം അപ്പോൾ മനുഷ്യപുത്രൻ്റെ വരവ് അടയാളം ആകാശത്ത് വിളങ്ങും അപ്പോൾ മനുഷ്യപുത്രൻ രണ്ടാമത് വരുന്നത് എപ്പോഴാണ് കഷ്ടം കഴിഞ്ഞ ഉടനെ ആഫ്റ്റർ ദ ട്രിപുലേഷൻ എന്നാൽ ഇന്ന് പലരും വിചാരിക്കുന്നത് മഹോപദ്രവത്തിന് മുമ്പ് തന്നെ വന്ന സഭയെ ചേർത്ത് എന്നാണ് വിചാരിക്കുന്നത് അതുപോലെ ഇരുപത്തിനാലിൻ്റെ ഇരുപത്തേഴിൽ രഹസ്യത്തിലല്ല എല്ലാവരെയും കാണുകയാണ് മനുഷ്യപുത്രൻ്റെ വരവ് എന്നവിടെ കാണുന്നു അതുപോലെ ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിയാറിൽ രഹസ്യത്തിൽ വന്ന് ദൈവം കൂട്ടും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കരുതെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് അത് രഹസ്യത്തിൽ വന്ന് ഉപദ്രവങ്ങൾക്കും കഷ്ടങ്ങൾക്കും മുമ്പ് സഭയെ നമ്മളെ അങ്ങ് ചേർത്ത് കൊള്ളും എന്ന് ഇന്ന് പുതിയ നിയമത്തിൽ ഈ പത്തൊൻപതാം നൂറ്റാണ്ട് കഴിഞ്ഞ് അവിടം മുതൽ അങ്ങനെ ഒരു പുതിയ പഠിപ്പിക്കലുണ്ട് എന്നാൽ നേരത്തെയുള്ളവർ അങ്ങനെയല്ല വിശ്വസിച്ചിരുന്നത് ഉപദ്രവത്തിലൂടെ കടന്നു പോയാലും നമ്മൾ ആ ഉപദ്രവങ്ങളുടെ മുമ്പാകെ ദൈവത്തിനായിട്ട് നിലപാടെടുക്കുകയും രക്തസാക്ഷികളായിട്ട് മരിക്കേണ്ടി വന്നാൽ അതിന് തയ്യാറാവുകയും വേണം എന്നായിരുന്നു ഒന്നാം നൂറ്റാണ്ടിലും പല തലമുറകളിൽ സഭ വിശ്വസിച്ചിരുന്നത് എന്നാൽ പത്തൊൻപതാം നൂറ്റാണ്ടിലായപ്പോഴാണ് ഇങ്ങനെ ഒരു പഠിപ്പിക്കൽ വന്നത് എന്നാൽ അതിൻ്റെ ഇരുപത്തിനാലിൻ്റെ ഇരുപത്തൊൻപതിൽ പറയുന്നത് ഉപദ്രവത്തിന് ശേഷമാണ് കർത്താവ് വരുന്നത് അതുപോലെ ഇരുപത്തിനാലിൻ്റെ ഇരുപത്തേഴിൽ പറയുന്നു എല്ലാവരും കാണുകയാണ് കർത്താവിൻ്റെ വരവ് ഇരുപത്തിനാലിൻ്റെ ഇരുപത്തി ആറിൽ പറയുന്നു രഹസ്യത്തിൽ വരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത് എന്ന് പറയുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ വാക്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് നമുക്ക് ഒരു പീഡനം ലോകത്ത് സംഭവിച്ചാൽ അതിനും നമ്മൾ തയ്യാറായിരിക്കുക പ്രിപ്പെയർ ഫോർ ദ വേസ്റ്റ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ബട്ട് പ്രിപ്പയർ ഫോർ ദ വേസ്റ്റ് എന്ന് പറയാറുണ്ട് ഒരു ഉപദ്രവമോ കഷ്ടതയോ അതിനെ അഭിമുഖീകരിക്കാനും നമ്മൾ തയ്യാറായിരിക്കണം അല്ലാതെ നമ്മൾ കഷ്ടങ്ങളിൽ പെടുകയില്ല എന്ന് നമ്മൾ സമാധാനിച്ചിരുന്നാൽ അഥവാ കഷ്ടം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പ്രിപ്പേർഡല്ല എന്ന് വരും നമ്മൾ ഒരുങ്ങിയിട്ടില്ല എന്ന് വരും അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ പ്രത്യേക കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് വരിക എന്നറിഞ്ഞുകൂടാ എന്നാൽ എന്ത് വന്നാലും കർത്താവിനായിട്ട് ജീവിക്കാൻ പ്രിപ്പേർഡായിട്ട് ഇരിക്കുക ദൈവം അതിനുവേണ്ട കൃപ ആ സമയത്ത് നമുക്ക് തരും പ്രിയമുള്ളവരെ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ ശിഷ്യന്മാർ കർത്താവിനോട് വന്ന് നിൻ്റെ വരവിനും ലോകാവസാനത്തിനും എന്താണ് അടയാളം പറഞ്ഞു തരണം എന്ന് ചോദിക്കുന്നു അതിനെ തുടർന്ന് കർത്താവ് അന്ത്യ കാലഘട്ടത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയാണ് രണ്ടാം വരവിനെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടു എന്നാൽ ഇരുപത്തിയഞ്ചാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ആ അവസാന നാളുകൾ കർത്താവിൻ്റെ രണ്ടാം വരവ് കർത്താവ് വരുന്നു രണ്ടാമത് വരുന്നതിനെ സംബന്ധിച്ച് മൂന്ന് ഉപമകളാണ് അവിടെ പറയുന്നത് ഒന്നാമത്തെ ഉപമയെന്ന് പറയുന്നത് പത്ത് കന്യകമാരുടെ ഉപമയാണ് നമുക്കറിയാവുന്ന ആ ഉപമ പത്ത് കന്യകമാർ അവർ ആ കാര്യം അതിലഞ്ച് പേര് ബുദ്ധിയുള്ളവരായിരുന്നു അഞ്ചു പേര് ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവർ വിളക്കിൽ എണ്ണയോ എണ്ണയും കരുതിയിരുന്നു മറ്റൊരെണ്ണ കരുതിയില്ല അർദ്ധരാത്രിക്ക് മണവാളൻ വന്നു ബുദ്ധിയുള്ളവരെ എടുക്കപ്പെ മണവാളനോടുകൂടെ ചേർക്കപ്പെട്ടു മറ്റേ ബുദ്ധിയില്ലാത്തവർ അവരുടെ വിളക്ക് കെട്ടുപോയി എണ്ണയില്ലായിരുന്നു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം അവരെ തള്ളപ്പെട്ടു ഈ ഇതാണ് ആദ്യം പറയുന്ന ഉപമ രണ്ടാമത് പറയുന്ന ഉപമ അതിൻ്റെ പതിനാല് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ അഞ്ച് താലന്ത് രണ്ട് താലന്ത് ഒരു താലന്ത് എന്നിങ്ങനെ തൻ്റെ ദാസന്മാരെ ഏൽപ്പിക്കുന്നു അഞ്ച് താലന്ത രണ്ട് താലന്ത ലഭിച്ചവർ അത് ഉപയോഗപ്പെടുത്തി കൂടുതൽ താലന്തുകൾ നേടുന്നു കൂടുതൽ യജമാനിനു വേണ്ടി കാര്യങ്ങൾ നേടുന്നു ഒന്ന് കിട്ടിയവനത് കുഴിച്ചിടുന്നു ഇവരോട് വന്ന് കണക്ക് തീർക്കുന്നതാണ് രണ്ടാമത്തെ ഉപമ ഒടുവിലത്തെ ഉപമ കർത്താവ് മനുഷ്യപുത്രൻ തേജസ്സോടെ വീണ്ടും വരുമ്പോൾ ആളുകളെ എന്തു ചെയ്യും വലത്തുമിടത്തുമായിട്ട് വേർതിരിച്ച് നിർത്തും ചെമ്മരിയാടുകളെയും കോലാടുകളെയും വലതുവശത്ത് ചെമ്മരിയാടുകളെയും ഇടതുവശത്ത് കോലാടുകളെയും അങ്ങനെ നിർത്തുന്നു എന്നിട്ട് വലതുവശത്തുള്ളവർ ചെയ്ത കാര്യങ്ങൾ അവരെന്ത് ചെയ്തു അവരെ ഇവിടെ പറയുന്നു നിങ്ങൾ എനിക്ക് വിശന്നപ്പോൾ ഭക്ഷിപ്പാൻ തന്നു ദാഹിച്ചപ്പോൾ കുടിപ്പാൻ തന്നു ഞാൻ അതിഥിയായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ ചേർത്തു എന്നൊക്കെ പറയുന്നു അപ്പോൾ അവരത് ഓർക്കുന്നേയില്ല പക്ഷേ കർത്താവ് അവർക്ക് പ്രതിഫലം കൊടുക്കുന്നു മറ്റൊരു ഇടതുവശത്തുള്ളവർ പറയുന്നു കർത്താവ് ഞങ്ങൾ അങ്ങനൊക്കെ നിന്നെ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വേണ്ടത് ചെയ്തല്ലോ എന്നാണ് അവർ ചിന്തിക്കുന്നത് പക്ഷേ കർത്താവ് പറയുന്നു ഈ ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തതാണ് എനിക്ക് ചെയ്തത് അവരിൽ ഒരുത്തർക്ക് ചെയ്യാതിരുന്നതാണ് എനിക്ക് ചെയ്യാതിരുന്നതെന്ന് പറയുന്നു അപ്പം നോക്കുക മൂന്ന് ഉപമകളാണ് ഒന്നാമത്തെ ഉപമ എന്താ പറയുന്നത് ഒന്നാമത്തെ ഉപമ നമ്മൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ആ കർത്താവിനാൽ അംഗീകാരം കിട്ടണമെങ്കിൽ കർത്താവിനോടുള്ള ആദ്യ സ്നേഹം നമ്മൾ പിടിച്ചുകൊള്ളണം അതാണ് ആദ്യത്തെ പത്ത് കന്യകമാരുടെ ഉപമയിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട പാഠം ഇവിടെ ഈ എണ്ണ എണ്ണ പാത്രത്തിൽ കരുതുക എണ്ണയെന്ന് പറഞ്ഞാൽ ഈ മലയാളത്തിലൊരു പ്രത്യേകതയുണ്ട് എണ്ണ എന്നുള്ള വാക്ക് അല്ലെ സ്നേഹം എന്നുള്ള വാക്കിന് എണ്ണ എന്നും അർത്ഥമുണ്ട് നാനാർത്ഥങ്ങളിൽ സ്നേഹത്തിന് എണ്ണയെന്നും അതുപോലെ തന്നെ സ്നേഹമെന്നും അർത്ഥമുണ്ട് ഇവിടെ ഇവരെ എണ്ണയെടുത്തില്ല അപ്പം നമുക്കതിനെ വേണമെങ്കിൽ ഇങ്ങനെ കാണാം ദൈവത്തോടുള്ള മണവാളനോടുള്ള ആ നിലയിലുള്ള അചഞ്ചലമായ ഒരു സ്നേഹം ഈ ബുദ്ധിയില്ലാത്ത അഞ്ച് കന്യകമാർക്കുണ്ടായിരുന്നില്ല അതാണ് അവരുടെ എണ്ണയില്ലായ്മ എണ്ണയുടെ അപര്യാപ്തത കാണിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം വെളിപ്പാട് പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിലും കർത്താവ് എഫ് എ പറയുന്നത് ആ കാര്യമാണല്ലോ നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു നോക്കുക ഈ പത്ത് കന്യകമാരുടെയും വിളക്കുകൾ ആദ്യം കത്തിയതാണ് എണ്ണയുണ്ടായിരുന്നു ആദ്യം സ്നേഹം ആദ്യം അവർക്കുണ്ടായിരുന്നു പക്ഷേ ഈ ബുദ്ധിയില്ലാത്ത കന്യകമാരെ വേണ്ടത്ര സ്നേഹം അവർക്കുണ്ടായിരുന്നില്ല പ്രതിസന്ധികളെ അഭികരിക്കത്തക്കവണ്ണം കഷ്ടതകളെ അഭിമുഖീകരിക്കത്തക്കവണ്ണം കർത്താവിനോടുള്ള സ്നേഹം അവർക്കുണ്ടായിരുന്നില്ല അവിടെ ആ നിലയിൽ അവരുടെ വിളക്കുകൾ കിടാൻ തുടങ്ങുന്നു അപ്പോൾ അവർ മറ്റവരോട് എണ്ണ ചോദിക്കുന്നു അപ്പോൾ ബുദ്ധിയുള്ള കന്യകമാർ പറയുന്നു നിങ്ങൾ പോയി വാങ്ങിക്കാൻ അപ്പോൾ ഈ എണ്ണ അതിനൊരു വില കൊടുക്കണം അതുപോലെ കർത്താവ് അവിടെ വരുന്നത് എപ്പോഴാണ് നമ്മൾ ആ ഭാഗം വാങ്ങിക്കുമ്പോൾ അർദ്ധരാത്രിക്കോ മണവാളാൻ വരുന്നു ആറാമത്തെ ബാക്കി ഇരുപത്തഞ്ചിൻ്റെ ആറ് അപ്പം ഏറ്റവും ഡാർക്കസ്റ്റായ സമയത്താണ് ഏറ്റവും അന്ധകാരം നിറഞ്ഞ സമയത്താണ് കർത്താവ് വരുന്നത് നമ്മളും ഇന്ന് ലോക സംഭവങ്ങൾ കൂടുതൽ കൂടുതൽ പ്രയാസങ്ങള് അതിനെ ഏറ്റവും അന്ധകാരം നിറഞ്ഞ ഒരു രംഗത്തോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അങ്ങനെയുള്ള സമയത്തായിരിക്കും മണവാളൻ വരുന്നു എന്നുള്ള ആർപ്പുവിളി ഉണ്ടാകുന്നത് ആ ആർപ്പുവിളി ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുങ്ങിയിരിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് വേണം വിളക്കുകളിൽ എണ്ണ സംഭരിക്കണം ഇതാണ് അവിടെ പറയുന്നത് വിളക്കുകളിലെ എണ്ണ ദൈവത്തോടുള്ള സ്നേഹമായിട്ട് കാണാം ഹൃദയശുദ്ധിയായിട്ട് കാണാം എന്തായാലും ദൈവത്തോടുള്ള വിശ്വാസത്തോടുകൂടിയ ഒരു അചഞ്ചലമായ സ്നേഹം നമുക്ക് ഉണ്ടായിരിക്കണം നമ്മൾ എഫ് എസ് ലേഖനം ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപയിരിക്കുമാറാകട്ടെ എഫ് എ സിക്ക് ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് അങ്ങനെയാ പറയുന്നത് കർത്താവിനോട് അക്ഷയമായ സ്നേഹമുണ്ടാകണം എന്ന് വെച്ചാൽ എന്താ അവിടെ സൂചിപ്പിക്കുന്നത് അക്ഷയം എന്ന് വെച്ചാൽ ക്ഷയിക്കാത്തത് അപ്പോൾ ഈ സ്നേഹം വേണമെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് പറ്റാം അത് ക്ഷയിച്ചു പോകാം എന്നാൽ കർത്താവിനോട് നമുക്കെന്ത് വേണം ക്ഷയി ക്ഷയിച്ചു പോകാത്ത നമുക്കറിയാമല്ലോ ഒരു പൂർണ്ണചന്ദ്രനുണ്ട് നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം പൂർണ്ണചന്ദ്രനെ പോലെയാണ് പക്ഷേ നാളുകൾ കഴിയുമോറും ഈ ചന്ദ്രൻ എന്ത് പറ്റുന്നു പതുക്കെ പതുക്കെ ക്ഷയിച്ച് ക്ഷയിച്ച് ക്ഷയിച്ച് വന്ന് ചെറിയ ചന്ദ്രകലയാകുന്നു ഒടുവിൽ ആ നിലയിൽ ഒരു ദിവസം ചന്ദ്രനെ കാണാനും ഇല്ലാതെ അങ്ങനെ അങ്ങ് ക്ഷയിച്ചു പോകും പൗലോസ് പറയുന്നു നിങ്ങൾക്ക് കർത്താവിനോടുള്ള സ്നേഹം അക്ഷയമായിരിക്കണം ക്ഷയിക്കാത്തതായിരിക്കണം എന്ന് വെച്ചാൽ കുറയാത്തതായിരിക്കണം ഒരു അൺഡയിങ് ലവ് ഫോർ ലോഡ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ നമ്മളവിടെ കാണുന്നത് എൻ എസ് നമ്മൾ കാണുന്നത് ഇൻകറാപ്റ്റബിൾ ലവ് ഇൻകറാപ്റ്റബിൾ ലവ് കർത്താവിനോട് നമുക്ക് നിഷ്കളങ്കമായ ഒരു ആദ്യ സ്നേഹമുണ്ടായിരിക്കണം അത് അവസാനം വരെ നമ്മൾ കാത്തുകൊള്ളണം ഫിലിപ്പർ കെഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഒൻപതിലെ പൗലോസ് പറയുന്നു നിങ്ങളുടെ സ്നേഹം ക്ഷയിക്കാതിരിക്കണമെങ്കിൽ എന്തോ വേണം മേൽക്കുമേൽ വർത്തിച്ചു വരണം മേൽക്കുമേൽ അത് ക്ഷയിക്കുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒന്നാമത്തെ ഉപമയിൽ നിന്ന് നമുക്കെടുക്കാവുന്ന പാഠമെന്താ നമ്മൾ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കണം നമ്മുടെ വിളക്ക് കെട്ടുപോകരുത് അർദ്ധരാത്രിക്ക് മണവാളാൻ വരുന്നു എന്ന ആർപ്പുവിളി ഉണ്ടാകാം അതിനായിട്ട് നമ്മൾ തയ്യാറായിരിക്കണം കർത്താവിനോട് നമുക്ക് ഒരു അൺഡൈങ് ലവ് ഉണ്ടായിരിക്കണം അക്ഷയമായ സ്നേഹമുണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ സ്നേഹം ഇന്ന് മേൽക്കുമേൽ വർധിച്ചു വരാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ അത് ക്ഷയിച്ചു പോകാതെ ഇരിക്കുകയുള്ളൂ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പത്ത് കന്യകമാരുടെ ഉപമയിൽ നിന്ന് നമുക്ക് പാഠമായിട്ടെടുക്കാം രണ്ടാമത് ഇരുപത്തഞ്ചാമത്തെ അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ ഉപമയെന്ന് പറയുന്നത് ആ മൂന്ന് ദാസന്മാരോട് കണക്ക് തീർക്കുന്ന ഉപമയാണ് അതിൻ്റെ പതിനാല് മുതൽ പതിനാല് മുതൽ അതിൻ്റെ ഏതാണ്ട് മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ ഈ താലന്തിൻ്റെ ഉപമയാണ് പറയുന്നത് അവിടെ അഞ്ച് താലന്തു കിട്ടിയവൻ അഞ്ചുകൂടെ നേടി രണ്ട് താലന് കിട്ടിയവൻ രണ്ടും നേടി ഒന്ന് കിട്ടിയവനോ അത് കുഴിച്ചു വെച്ചു അപ്പോൾ ദൈവം എന്തു ചെയ്തിട്ടുണ്ട് നമുക്ക് അവസരങ്ങൾ നമുക്ക് കഴിവുകൾ നമുക്ക് ഇന്ന് കർത്താവിനായിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അത് നമ്മൾ വ്യാപാരം ചെയ്ത് കർത്താവിനെ ഉപയോഗപ്പെടുത്തണം അല്ലാതെ നമ്മളത് കുഴിച്ചു വയ്ക്കരുത് എന്നുള്ള ഒരു സന്ദേശമാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത് അടുത്ത അത് മുപ്പത്തി ഒന്ന് മുതൽ മറ്റായി ഇരുപത്തഞ്ചിൻ്റെ മുതൽ അത് തീരുന്നവരെ നാൽപ്പത്താറ് വരെയുള്ള വാക്യങ്ങളിൽ മൂന്നാമത്തെ ഉപമ കാണുന്നു എന്താ ദൈവം കർത്താവ് മനുഷ്യപുത്രൻ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ താൻ സിംഹാസനത്തിൽ ഇരുന്ന് ന്യായം വിധിക്കുമ്പോൾ ആടുകളെ ഇടത്തും വലത്തുമായിട്ട് നിർത്തും എന്നിട്ട് ചിലരോട് പറയുന്നു പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാനായിട്ടൊക്കെ പറയുന്നു കാരണം എനിക്ക് വശെന്നപ്പോൾ നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു ദാഹിച്ചപ്പോൾ കുടിപ്പാൻ തന്നു ഞാൻ അനുതിഥിയായിരുന്നപ്പോൾ നിങ്ങൾ ചേർത്തു എന്ന് പറയുന്നു അപ്പൊ അവർ പറയുന്നു ആ വലതുവശത്തുള്ളവർ പറയുന്നു അയ്യോ ഞങ്ങൾ അങ്ങനത്തൊന്നും ഓർക്കുന്നില്ലല്ലോ അപ്പൊ കർത്താവ് പറയുന്നു ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നിട്ട് ഇടതുവശത്തുള്ളവരോട് പറയുന്നു നിങ്ങൾ പിശാചിനോ എൻ്റെ ദൂതന്മാർക്കോ ഒരുക്കിയിരിക്കുന്ന നിത്യാജ്ഞയിലേക്ക് പോകുവേൻ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നില്ല അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടില്ല അവർ പറയുന്നു അയ്യോ കർത്താവ് നിന്നെ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ട് എപ്പോഴാണ് നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നത് അപ്പോൾ അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ കണക്കവർക്കുണ്ട് മറ്റവർക്കെന്തില്ല അങ്ങനെ ഒരു കണക്കൊന്നുമില്ല കണ്ടോ രണ്ട് ആ ഭാഗങ്ങൾ നമ്മൾ സൂക്ഷിച്ചാൽ രണ്ട് മനോഭാവങ്ങളാണ് നമുക്ക് നമ്മുടെ അടുത്തേക്ക് ഈ അയയ്ക്കുന്ന ഏറ്റവും ചെറിയവരിൽ ഓരോരുത്തരെയും നമ്മൾ എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത് അത് ദൈവത്തിനായിട്ട് ചെയ്യുന്നതാണ് എന്നുള്ള ഒരു കാര്യമാണ് ഈ ഉപമയിൽ പറയുന്നത് അപ്പം നോക്കുക കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് അതിൻ്റെ അടയാളം എന്താണ് എപ്പോൾ സംഭവിക്കുമെന്ന് ഇരുപത്തിനാലാമത്തെ അധ്യായത്തെ ചോദിച്ചു അതിൻ്റെ കുറിച്ച് കർത്താവ് ഇരുപത്തിനാലിൽ പറഞ്ഞു ഇരുപത്തഞ്ചിൽ മൂന്ന് ഉപമയായിട്ട് പറയുന്നു അതിൽ ആദ്യത്തെ ഉപമ പത്ത് കന്യാകുമാരുടെ ഉപമയിൽ നിന്ന് കർത്താവിനോട് നമുക്ക് അക്ഷയമായ സ്നേഹമുണ്ടാവണം രണ്ടാമത് താലന്തിൻ്റെ ഉപമയിൽ നിന്ന് നമുക്ക് എന്താ എടുക്കാൻ കഴിയും നമുക്ക് കിട്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ കഴിവുകൾ അവസരങ്ങൾ നമ്മൾ ദൈവത്തിനായിട്ട് ഉപയോഗിക്കണം മൂന്നാമത്തേതോ ദൈവം നമ്മുടെ അടുത്തേക്ക് അയച്ചിട്ടുള്ള എളിവരിൽ ഒരാളെ നമ്മൾ എന്ത് വേണം അവരെ നമ്മൾ ആ നിലയിൽ കരുതണം ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ മൂന്ന് ഉപമയിലൂടെ നമ്മളോട് പറയുന്നത് ഇവയൊക്കെ നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും നമുക്കിതിനനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആ